ഷം പ്രശ്ന അഥന സത്യകാമ പച്ച സോഹ വൈ തദ്വൻ മനുഷ്യേഷം ഓാരം അഭി കഥമം വേന ലോകം ജേതിസഹോ യമചരച്ച ബ്രഹ്മ യോംകാരദ്ത എകതരം അന്വേഷ പ്രശ്നം അതാണ് ചർച്ച ചെയ്തത് അതില് നാല് നാല് പ്രശ്നങ്ങൾ നമ്മുടെ നാലാമത്തെ നാല് പ്രശ്നങ്ങൾ അല്ല ഒന്നാമത്തത് ഭഗവെന്നേലസൻ പുരുഷ കാഞ്ഞി സ്വപന്തി നമ്മൾ ഭാഷയനുസരിച്ച് ചർച്ച ചെയ്ത് അതിന് നാല് പ്രശ്നങ്ങളുടെ ഭാഷ വ്യാഖ്യാനത്തിന് വേണ്ടിയിരിക്കുന്നുണ്ട് ആദ്യ പ്രശ്നേന് ജാഗ്രത പൃഷ്ട അല്ല ഒന്നാമത്തെ ചോദ്യം ഭഗവാൻ ഏതസ്മിൻ പുരുഷ കാനുസുപന്തി കാന്യസ്മിൻ ജാഗ്രത ഇതിൽ ആദ്യത്തെ ചോദ്യത്തില് ജാഗ്രത്തിലെ ധർമ്മി ആരാണെന്ന് ചോദിച്ചു ഇത് ഭാഷ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ് സ്വപ്ന എസ് വ്യാപാരപരമേ ജാഗ്രത നിശ്ചയിതും അപ്പൊ രണ്ടാമത്തേല് സ്വപ്നത്തിൽ ജാഗ്രത ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ധർമ്മിയും മനസ്സിലാക്കാം ജാഗ്രത ജാഗ്രതധർമ്മി എന്ന് പറയുമ്പോൾ എവിടെയാണോ ജാഗ്രത സംഭവിക്കുന്നത് സ്വപ്നധർമ്മി എന്ന് പറയുമ്പോൾ എവിടെയാണോ സ്വപ്നം സംഭവിക്കുന്നത് അവിടുത്തെ ധർമ്മമാണ് ജാഗ്രത സ്വപ്നം ജാഗ്രത ധർമ്മം ജാഗ്രത അനുഭവം സ്വപ്നത്തിലെ ധർമ്മ സ്വപ്നമാണ് അവിടെ ധർമ്മധർമ്മികളെ വിവേചിക്കുമ്പോൾ ജാഗ്രത് ധർമ്മിയായിരിക്കുന്ന പുരുഷൻ ഏതാണെന്ന് വ്യക്തമാകും രണ്ടാമത്തെ ചോദ്യത്തില് ദ്വിതീയേനാവസ്ഥേവി ശരീരരക്ഷണം കസ്യം രണ്ടാമത്തെ ചോദ്യമുണ്ട് ആരാണോ ഈ ശരീരത്തെ രക്ഷിക്കുന്നത് ശരീര രക്ഷ നിർവഹിക്കുന്നത് ചൈതന്യമാണോ എന്നുള്ള അവിടെ വ്യക്തമാകും മൂന്നാമത്തെ ചോദ്യത്തിൽ സ്വപ്ന സ്വപ്നധർമ്മി കതിരേഷ സ്വപ്നി ജാഗ്രത സ്വപ്നങ്ങളിലെ ധർമ്മി ആരാണോ ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് പുരുഷനാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ ചതുർഥെന്ന സുഷുതി ധർമ്മി നാലാമത്തെ കസേ സുഖം ഭൂതി സുഷുപ്തിയോടെയാണോ സംഭവിക്കുന്നത് ആ സുഷുപ്തി ധർമ്മിയെ കുറിച്ച് ചോദിക്കും അതങ്ങനെ സുഖം അഹം അസ്വാസം പരാമർശ സുഷുതി സംബന്ധ ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉണർന്നതിന് ശേഷം സുഹൃപ്തിയും സുഖവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിന്ന് മനസ്സിലാക്കാം അതിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ ചോദ്യം ഇതാണ് ഇത് പഞ്ചമപ്രശ്വത്രയ വിനർമുക്തം അവസ്ഥ അക്ഷരം അഞ്ചാമത്തെ ചോദ്യത്തില് കുറിച്ച് ചോദിക്കുകയാണ് ഭാഷത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോഴൊരു ഭാഗത്ത് ഇത് വന്നു എന്നാൽ ഭാഷ്യവും വ്യാഖ്യാനവും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ഭാഷകാരൻ അങ്ങനെ വേർതിരിക്കുന്നില്ല അഞ്ചാമത്തെ ചോദ്യത്തില് ഇതിൽ നിന്നെല്ലാം വേറിട്ട ഒരു തുരിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വേർതിരിക്കുന്ന പക്ഷേ ഇവിടെ അങ്ങനെ പറയുന്നു യദ്വി പഞ്ചമേന പ്രശ്നേനു തുര്യം പരിചയത്തി അതാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇവിടുത്തെ ചർച്ച മുഴുവൻ സുഷുതി ആസ്വദിച്ചിട്ടാണ് പക്ഷെ അഞ്ചാമത്തെ ചോദ്യത്തിൽ തുര്യനെ കുറിച്ചാണ് ചോദിക്കുന്നാ സുഷുതിയെക്കുറിച്ചല്ലെന്നാ ഇവിടെ പറയുന്നു തുര്യം എന്ന് പറയുമ്പോൾ സുഷുതിയിൽ നിന്നും വേറിട്ട ഒരു തിരിയാണ് ചതുർത്ഥമായ തുര്യം മാണ്ഡവ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ചതുർത്ഥ തുര്യനെ കുറിച്ച് പറയുന്നുള്ളൂ തഥാപി സംസാരദശായ സർവോപാധിരഹിത അവസ്ഥ അഭാവേന പക്ഷേ ഈ സംസാരദശയിൽ ഉപാധിരഹിതമായ തുര്യൻ അവസ്ഥ അങ്ങനെയൊന്നില്ല ഈ സംസാരദശയിലാണ് മൂന്നവസ്ഥയുള്ളത് എന്നാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്ന് സംസാരാവസ്ഥയാണ് ഇന്ന് വേറിട്ട് സർവോപാധിരഹിതമായ തൊരു അവസ്ഥ ഈ സംസാരത്തിലില്ല വിവേകത ഏവതസ്യ പ്രദർശിനീയത്വാൻ അതുകൊണ്ട് അതിനെ വരുതിരിച്ച് കാണിക്കാൻ വേണ്ടി സുഷുപ്തവും അജ്ഞാനേ സതി സത്യവി സുഷുത്തിൽ അജ്ഞാനമുണ്ട് അത് വിഖ്യാത പറയുന്നുണ്ട് ഇതൊരു ഉപാധി രാഹുദ്നു പക്ഷേ ഇവിടെ മറ്റുപാധികളൊന്നുമില്ല എന്ന് വെച്ചാൽ ജാതരത്തിലേയും സ്വപ്നത്തിലെയും ഇന്ദ്രിയങ്ങൾ കർണങ്ങൾ തുടങ്ങിയ ഉപാധികളൊന്നുമില്ല അതുകൊണ്ട് സർവത്ര സർവ്വോപാധി വിവേകർണേന അതുകൊണ്ട് തത്രയവ സർവോപാധി വിവേകരണേന തുര്യ പ്രതിനിധ്യത്വ സുഗരത്വം അപ്പോ സംസാരാവസ്ഥയിൽ മൂന്ന് അനുഭവങ്ങളാണുള്ളൂ ജാഗ്രത സ്വപ്നം സുഷൃത്തി സുഷൃത്തിയിലാണെങ്കിലും അവിദ്യയുണ്ട് അപ്പൊ അവിടെയും തുരിയെ കാണിക്കാൻ കഴിയത്തില്ല പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്താണ് അവിടെ അവിദ്യ എന്ന് പറയുന്ന ഒരു ഉപാധി മാത്രമേ ഉള്ളൂ മറ്റുപാധികളൊന്നുമില്ല അതുകൊണ്ട് അവിടെ അവിടെത്തന്നെ സുഷൃത്തിയിൽ തന്നെ സർവോപാധികളിൽ നിന്നും വേറിട്ട് തുര്യപ്രദർശന സുഖരത്വ തുര്യന കാണിക്കുന്നത് സുഖരമാണ് അതുകൊണ്ട് തസ്മിൻകാലെ തുര്യപ്രദർശനാർത്ഥം സർവസമ്പ്രതിഷ്ഠ അതുകൊണ്ട് സുഷ്ടി തന്നെ തുര്യനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സർവസമ്പ്രതിഷ്ഠ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നത് വാസ്തവത്തിലൂടെ ഒരഞ്ചാമത്തെ ചോദ്യത്തിലൂടെ തുര്യനാണ് ചോദിച്ചത് തുര്യനെ അങ്ങനെ കാട്ടിത്തരുന്നതിന് ഒരടവുമില്ല പരമാവധി സംസാരാവസ്ഥയിൽ നിലനിൽക്കുന്ന ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്നാവസ്ഥകളാണ് സുഷുതിയിലാണെങ്കിലും അവിദ്യയുണ്ട് പക്ഷെ അവിദ്യ ഉണ്ടെങ്കിലും മറ്റൊരു ഉപാധികളും അവിടെ ഇല്ലാത്തതുകൊണ്ട് സർവോപാധിയിൽ നിന്ന് ഭിന്നമായ തുര്യനെ ഇവിടെ സുഷുതി കാണിച്ചു തരികയാണ് അവിടെ അവിദ്യ ഉണ്ടെങ്കിലും ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇതൊരു രീതി അങ്ങനെയും ചിന്തിക്കുന്നു സുഷുതിയിൽ അവിദ്യ ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് എന്നാൽ സുഷുതി തന്നെ അത് ഇവിടെ അംഗീകരിക്കുന്നുണ്ട് സുഷുയിൽ അവിദ്യയുണ്ടെന്ന് അംഗീകരിച്ചെങ്കിലും സർവോപാധി വിവേകം സർവോപാധികളിൽ നിന്നും വിവേചിച്ച് ആ സുഷ്ടി തന്നെ തിരിയനെ കാണിക്കുന്നുള്ളൂ പക്ഷെ ഭാഷയത്തിനനുസരിച്ച് അവിടെ ആ സുഹൃത്തിയിൽ അവിദ്യയുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല അത് പറയാതെ തന്നെ സുഹൃത്തിയെ സ്വസ്വരൂപമായിട്ട് അത് തന്നെ രണ്ടു കൂട്ടരും പറയുന്നു സുഷൃത്തിയിൽ തിരികെ വിശദീകരിക്കുകയാണ് പക്ഷേ സുഹൃത്തിയിലെ അവിദ്യ അംഗീകരിച്ചുകൊണ്ട് തുര്യേനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നു കാരണം ഇവിടെ സൃഷ്ടിക്കപ്പുറം ഒന്നിനും ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് തുര്യേനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് സൃഷ്ടത്തിയിൽ തന്നെയെന്ന് പറയുന്ന അതിൽ വരുന്ന വ്യത്യാസം ഇത്രമാത്രം ഒരു പ്രക്രിയ അനുസരിച്ച് സൃഷ്ടിയിലുള്ള അവിദ്യ ഉണ്ടെങ്കിലും ആ വിദ്യയിൽ നിന്ന് വേർതിരിച്ച് തുര്യേനെ കാണിക്കുന്നു എന്നൊരു ഒരു ഭാഗം ഭാഷ്യകാരന്റെ രീതി അനുസരിച്ച് സുഹൃത്തി എന്ന് പറയുന്നത് സ്വരൂപം തന്നെയാണ് അത് തന്നെയാണ് തിരികെ അവിടെ ആ സ്വരൂപദൃഷ്ടിയിൽ അവിദ്യയോ അവിദ്യയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാ ഭാഷ്യകാരൻ ഒന്നംഗീകരിക്കുന്ന ആ സുഹൃത്തിയിലെ ആ സ്വരൂപദൃഷ്ടി വിട്ട് ശരീരദൃഷ്ടിയിലേക്ക് വന്നാൽ അവിടെ വിദ്യ വിദ്യാകാര്യങ്ങൾ മനസ്സ് കരണങ്ങൾ എല്ലാം അവിടെയുണ്ട് സ്ഥൂലമായിട്ടോ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടോ ഉണ്ട് അപ്പോ ഇത് ഭാഷ്യത്തിന്റെ വ്യാഖ്യാനമാണ് ഭാഷ്യത്തിന്റെ പ്രാമാണികമായ വ്യാഖ്യാനമാണ് ആ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ സുഹൃത്തു അജ്ഞാനേ സത്യവും സുഹൃത്തിയിൽ അജ്ഞാനം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞതുകൊണ്ട് പിൽക്കാലത്ത് ഈ പ്രക്രിയക്കാണ് കൂടുതൽ പ്രചാരമ സുഹൃത്തിയിൽ അജ്ഞാനം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്രതജ്ഞാനം ഉണ്ടെങ്കിലും ജാഗ്രതത്തിലും തുരിയെ വേർതിരിക്കാം ഏരിച്ചറിയാം സ്വപ്നത്തിൽ അജ്ഞാനം ഉണ്ടെങ്കിലും അവിടെയും തുരിയെനെ വിവേചിക്കാം അപ്പൊ പിന്നെ സുഹൃത്തിയിൽ അജ്ഞാനം ഉണ്ടെങ്കിൽ എന്താ ദോഷം അവിടെയും വിവേചിക്കാം എന്ന് ഉള്ള ആ ചിന്താഗതിക്ക് തൽക്കാലത്ത് പ്രാബല്യമാണ് അതുകൊണ്ട് സുഹൃത്തിയിൽ അജ്ഞാനമുണ്ട് സുഹൃത്തിയിൽ പക്ഷിദാനം പറയുന്ന പോലെ എന്താണ് ചായം തമോവർജിതം ദ്വയം ഏകം ശാന്തം ശിവം ആ രീതിയിലുള്ള ആ വിചാരത്തിനോട് പ്രാധാന്യം കുറഞ്ഞുപോയി ഇക്കാലത്ത് വാസ്തവത്തി രണ്ട് വിചാര രീതിയുള്ളത് അതുതന്നെയാണ് രണ്ട് രീതിയിലായാലും രണ്ടിൻ്റെ താല്പര്യമെന്ന് എന്താണ് തുരിയ വിവേകം അതുതന്നെയാണ് തുരിയെ വിവേചിച്ചറിയുക അപ്പൊ ഇതിനെ രണ്ടിലേയും രണ്ട് പ്രക്രിയയായി സ്വീകരിക്കുക ഞാനത് പ്രത്യേകം പറയുന്നു തുരിയ പ്രദർശനം തുരിയ വിവേകം അവിടെയും അങ്ങനെ പറഞ്ഞുകൊണ്ട് സാധ്യമാകാം എന്നെല്ലാം പറഞ്ഞ് പ്രക്രിയക്കനുസരിച്ച് സുഷ്ടി തമോവർജിതമാണ് അദ്വയമാണ് ഏകമാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രക്രിയ ആശയ കുഴപ്പം വരും അതിലേതാ ശരി അതാണോ ഇതാണോ സൃഷ്ടിയിൽ അജ്ഞാനം കൊണ്ടെന്ന് ദോഷം അതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സൃഷ്ടിയെ തമോ വർജിതോ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരും സംശയങ്ങൾ വരിക മാത്രം ഇതിൽ വാദപ്രതിവാദങ്ങളും നടക്കും ഒരു കൂട്ടർ വരെയും സൃഷ്ടിയിൽ അജ്ഞാനമുണ്ട് വേറൊരു കൂട്ടർ പറയും അജ്ഞാനം ഇല്ല രണ്ടു കൂട്ടർക്കും പ്രമാണങ്ങൾ എടുത്ത് കാണിക്കാനുണ്ട് ഇതുതന്നെ എടുത്ത് പറയാനുണ്ട് സുഹൃത്തു അജ്ഞാനെ സത്യവി എന്ന് പറയും സൃഷ്ടിയിൽ അജ്ഞാനമുണ്ടെങ്കിലും അപ്പോ ഇത് രണ്ടു തരത്തിലുള്ള വിചാരീതികളാണ് അതിൽ ആത്മനിഷ്ഠമായ ചിന്തയ്ക്ക് ഏറ്റവും സൗകര്യമായിരിക്കുന്നു ഭക്ഷ്യതാരൻ അവതരിപ്പിക്കുന്ന രീതിയാണ് മറ്റത് ആദ്യം അവിടെ അജ്ഞാനത്തെ സ്വീകരിക്കുക പിന്നെ അജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ട് തിരിയെന്നെ അതിൽ നിന്ന് വേർതിരിക്കുക മറിച്ച് അവിടെ കേവലമായ അജ്ഞാനമോ അജ്ഞാനകാര്യങ്ങളോ ഇല്ല എന്ന് സ്വീകരിക്കുക അത് കൂടുതൽ സൌകര്യമാണ് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടും ദൈവത്തിൽ സ്വീകാര്യമാണ് രണ്ടും ഈ ഭാഗത്ത് വന്നതുകൊണ്ട് വിശദീകരിച്ചു അടുത്ത അഞ്ചാമത്തെ പ്രശ്നത്തിൽ ചോദിക്കുന്നതെന്താണ് സൈബ്യൻ സത്യകാമൻ ചോദിക്കുകയാണ് ഇതും ഉപാസനയെ കുറിച്ചാണ് ഇത് പ്രണവോപാസന പ്രണവോപാസന പറയുമ്പോൾ പ്രത്യേകം മറ്റ് വൈദിക ഉപാസനകളെ പോലെ തന്നെ ഇതും വൈദിക ഉപാസന പ്രണവോപാസന പലതരത്തിലും അത് മണ്ഡൂക്കിത്രമത്തിനും ഉപകാരത്തിൽ ഉപകാരത്തിന് മകാരത്തിൽ പിന്നെ മകാരത്തെ അമാത്രയിൽ ലയിപ്പിക്കുന്ന ഉപാസനകൾ അങ്ങനെ പലതരത്തിൽ പറം എന്ന് ദീർഘമായി ഉച്ചരിക്കുന്നതിന് ഉപാസനയാണ് ഓമിന്റെ അർത്ഥചിന്തന രൂപത്തിലുള്ള ഉപാസന പലതരത്തിൽ വരും വൈദിക ഉപാസനയാണ് ഈ വൈദിക ഉപാസനകളൊന്നും ഇന്ന് പ്രചാരത്തിലുള്ള ആ വൈദിക ഉപാസനകളാണ് കാലക്രമത്തിൽ മാറി മാറി മറ്റു തരത്തിലൊക്കെ മാറിയത് ഇന്ന് ഓം ഓം എന്ന ലിപി അതിന്റെ പടം വരച്ചിട്ട് സളഗ്രാമും ശിവലിംഗവും എല്ലാം ഉപാസിക്കൊണ്ട് ശിവനെയും വിഷ്ണുവിനെയൊക്കെ ഉപാസിക്കുന്നതുപോലെ ോം എന്ന് പറയുന്ന പ്രതീകത്തെ വച്ചുകൊണ്ട് ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു ഉപാസന അങ്ങനെ പലതരത്തിലുണ്ട് വൈദികോപാസന എന്ന് പറയുന്നു വൈദികന്മാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നു ആ വൈദികോപാസനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നു ഇവിടെ ചോദിക്കുന്നു മനുഷ്യരിൽ പ്രായണാന്തം മരണം വരെ ആരാണ് ഓങ്കാരം അവിധ്യായി ധ്യാനിക്കുന്നത് മനുഷ്യണം മധ്യേ അത്ഭുതം ഇവ പ്രായണാന്തം മരണാന്തം യാവജ്ജീവം ഓങ്കാരം അവിധ്യായി ആഭിമുഖ്യേന ചിന്തയെ പക്ഷേ ഞാൻ പറയുന്നൊരു അത്ഭുതം പോലെ എന്താണ് ഈ ലോകത്തിൽ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലൗകികമായും ധാരാളം വിഷയങ്ങൾ മനുഷ്യന് പ്രവർത്തിക്കാനുണ്ട് ഇത്തരം ധാരാളം വിഷയങ്ങൾ മനുഷ്യന് പ്രവർത്തിക്കാനിരിക്കെ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് മരണം വരെ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ഓങ്കാരോപാസനം ഇതൊരത്ഭുതമാണ് അതങ്ങനെ മനുഷ്യന് കഴിയുന്നു ഒന്നും ആ ഉപാസനയിൽ ഏർപ്പെട്ടിരിക്കുന്നവന് അതിനുള്ള അഭിരുചി മരണം വരെ നിലനിൽക്കണം ഇല്ലെങ്കിൽ അത് സാധ്യമല്ല മറ്റൊന്ന് ഉപാസനയിൽ ഏർപ്പെട്ടിരിക്കുന്നവന് അവന്റെ മനസ്സിനെ മറ്റ് വിഷയങ്ങൾ ആകർഷിച്ചിട്ട് മറ്റു വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കാതിരിക്കണം ഇങ്ങനെ പല പ്രതിബന്ധങ്ങളും ഉള്ളപ്പോൾ ഒരാൾ മരണം വരെ ഒരേ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതാണ് അത്ഭുതം എന്ന് പറഞ്ഞത് പ്രായണാന്തം മരണാന്തം യാവജ്ജീവം മരണം വരെ ഓങ്കാരം അവിധ്യായീത അഭിമുഖേനെ ചിന്തിയത് അതും വളരെ താല്പര്യപൂർവ്വം അതിനെ ചിന്തിക്കണം അഭിധ്യാനം അഭിധ്യായിതാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്ത തന്നെയാണ് അല്ലാ ധ്യാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ അതിൽ എല്ലാ ചിന്തയും എന്തുകൊണ്ട് ധ്യാനമാകുന്നില്ല അത് ആഭിമുഖ്യേന ആഭിമുഖ്യത്തോടുകൂടി അത്യധികം താല്പര്യത്തോടുകൂടി ഭക്തിയ ആദരേണ ഉപചാരേണ ആരോപിതോ ബ്രഹ്മഭാവോ യസ്മിൻ ഒങ്കാരെ അത് വിശദീകരിക്കുന്നു ബാഹ്യവിഷയേഭ്യപസംഹൃത കർണ ഉപാസനയ്ക്കത് ആവശ്യമാണ് ബാഹ്യവിഷയങ്ങളിൽ നിന്നെല്ലാം കരണങ്ങളെ ഉപസംഹരിക്കണം വിഷയങ്ങളിൽ മനസ്സ് വ്യാപരിക്കരുത് മനസിനെ തുടർന്ന് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളെ തുടർന്ന് മനസ്സും മാറി മാറി ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിൽ വ്യാപരിക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഏകാന്തവാസിയായി ഗുഹാവാസിയായെല്ലാം ഇരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ആസനബദ്ധനായി ശരീരവ്യാപാരത്തെ കൂടി നിയന്ത്രിക്കാൻ വേണ്ടി ഉപസംഹൃത കർണ എന്ന് എല്ലാ കർണങ്ങളെയും ഉപസംഹരിച്ച് കൂർമ്മങ്കാനിക എന്ന് പറഞ്ഞു അംഗങ്ങളെ എന്നതുപോലെ അങ്ങനെ ചെയ്യുന്നാലേ ഉപാസനയാകും അതുപോലെ പറയുന്നുണ്ടോ യാവജീവ് സമാഹിത ചിത്ത സമാഹിതമായ ഏകാഗ്രമായ ചിത്രത്തോടു കൂടി ഭക്തിയാവേശികളുള്ള ഭക്തി കൊണ്ട് ബ്രഹ്മത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന മനസ്സാണ് ബ്രഹ്മത്തിലുള്ള ഭക്തി മനസ്സ് ഒരു വിഷയത്തെ അത്യധികമായി ആശ്രയിക്കുന്നതാണ് ആ വിഷയത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത് അത് ഭൗതികമായ വിഷയമാകാം ആധ്യാത്മികമായ വിഷയമാകാം രണ്ടും ഭക്തി തന്നെ പക്ഷെ ആധ്യാത്മിക വിഷയത്തിൽ ആ ശബ്ദം പ്രയോഗിക്കാറുണ്ട് ഭക്തി എന്നുള്ള ശബ്ദം ഭക്തി ആവേശമായ ഭക്തി ആവേശിച്ച മനസ്സ് സ്വയം ആ സമർപ്പിതമായി മനസ്സിന് ആ വിഷയം തന്നെയൊക്കാശ്രയമായി എന്ത് ബ്രഹ്മം അങ്ങനെ ഓങ്കാരത്തിലൂടെ ഓങ്കാരത്തെ ധ്യാനിക്കുന്നു ബ്രഹ്മഭാവ ഓങ്കാര എന്ന് പറഞ്ഞ അതാണ് ആ ഭക്തി വരുന്നത് ഓങ്കാരത്തിൽ ഓങ്കാരം ഒരു ശബ്ദമല്ല ഏതെങ്ങനെ ഭക്തി വരും അത് ബ്രഹ്മം എന്ന ധരിച്ചുകൊണ്ട് അതിനെ തന്നെ ബ്രഹ്മമായി അംഗീകരിച്ചുകൊണ്ട് ഈ ഓം തന്നെയാണ് ബ്രഹ്മം ഭൂമിത്യേകാക്ഷരം ബ്രഹ്മം എന്ന് പറഞ്ഞല്ലോ അത് തന്നെ ബ്രഹ്മം എന്നുള്ള ബ്രഹ്മം എന്നുള്ള ഏകാശ്രയത്തോടുകൂടി ഏകബുദ്ധിയോടുകൂടി ആരാണോ ഉപാസിക്കുന്നത് ഉപാസന ഇവിടെ വിശദീകരിച്ചാണിങ്ങനെ ഏകാഗ്രത വേണം ഭാഗ്യവശ്യങ്ങളുടെ ഉപസംഹാരം വേണം പിന്നെ മനസ്സ് പൂർണമായും അതിൽ അർപ്പിതമായിരുന്നു ആ അർപ്പിതമായ ഭക്തി അത് വേണം അത് വേണം ഓങ്കാരത്തെ ബ്രഹ്മമെന്ന് കണ്ടുകൊണ്ട് ശിവലിംഗത്തെ ശിവമെന്ന് കണ്ടുകൊണ്ട് ശിവൻ എന്തൊക്കെയാണോ ഉപചാരങ്ങൾ ചെയ്യുന്നത് അതെല്ലാം ശിവലിംഗത്തിൽ ചെയ്യുന്നു ശിവനെ സ്നാനം ചെയ്യിക്കുന്നതിന് ശിവലിംഗത്തെ സ്നാനം ചെയ്യും അങ്ങനെ ശിവനിൽ അർപ്പിക്കുന്ന എല്ലാ ഉപചാരങ്ങളും ശിവലിംഗത്തിൽ അർപ്പിക്കുന്നു ബ്രഹ്മത്തിൽ വേണ്ട എല്ലാ ശ്രദ്ധയും ബ്രഹ്മത്തിൽ വേണ്ട എല്ലാ സമർപ്പണവും ഓങ്കാരത്തിൽ അർപ്പിക്കുന്നു അപ്പൊ അതുപാസന അത് വിശദീകരിച്ചെന്തിനാണോ പൊതുവെ ആൾക്കാർ പറയും ഈ തത്വജ്ഞാനം വിചാരം ഇതെല്ലാം ഈ പ്രയാസം കൂടെ എളുപ്പമാണെന്ന് പറഞ്ഞു അത് തെറ്റിദ്ധാരണയാണ് കാരണം ഉപാസനയിൽ ഈ ബാഹ്യ വിഷയങ്ങളിൽ നിന്നുള്ള കർണങ്ങളുടെ ഉപസംഹാരം അത് കൂടിയേ തീരും എന്തിനുപാസിച്ചാലും ശരി അത് മാത്രമല്ല ഉപാസനയുടെ വിശേഷത എന്താണ് യാവ്ജീവം ഒരാൾ മരണപര്യന്തും മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ പോകാതെ ഉപാസിക്കുന്നു അത് എന്നാലേ പിന്നെ മനസ്സ് പൂർണമായും ആശ്രിതമായിരിക്കുന്നു ഉപാസ്യമായതേതോ അതിൽ ഏതിനുപാസിക്കുന്നു അതിൽ ഈ മൂന്ന് കാര്യങ്ങൾ പൂർണ്ണമായാലേ ഉപാസന പൂർണ്ണമാകും അപ്പോൾ ഇന്ന് സാധാരണ എങ്ങനെയാണോ ഒരാൾ ഉപാസനക്ക് വേണ്ടിയിട്ട് മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു മണിക്കൂറും ഇങ്ങനെയൊക്കെ ഉപാസനക്ക് മാറ്റിവെക്കുകയും ബാക്കി സമയങ്ങളിൽ ലൗകികമായ വ്യവഹാരങ്ങളിൽ മുഴുകയും ചെയ്യുമ്പോൾ അതൊന്നും ഉപാസനയല്ല ആധ്യാത്മികമായ ഉപാസനയല്ല അത്രയുമായാലോ അത്രയുമായി കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകും എന്താണോ ഉപാസനയുടെ മുഖ്യമായ ഫലം അതുണ്ടാകത്തില്ല ഉപാസന എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പമായൊരു കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാണ് അതിൽ പൂർണ്ണത ഭരിക്കുന്നതിലും വളരെ ക്ലേശം ആവശ്യമുണ്ട് വളരെ ക്ലേശകരമാണ് സന്താനേദ്രം അവിടെ ആത്മപ്രത്യേക സന്താനത്തിന് വിച്ഛേദം വരാൻ പാടില്ല അപ്രത്യേക സന്താനം എന്ന് വെച്ചാൽ മനസിന്റെ ഒഴുക്ക് ാരം ബ്രഹ്മം തന്നെ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒഴുക്കിനൊരു വിച്ഛേദം വരാൻ പാടില്ല മറ്റ് ചിന്തകളൊന്നും കടന്ന് വരാൻ പാടില്ല ഭിന്നജാതീയ പ്രത്യാന്തര മറ്റു തരത്തിലുള്ള പ്രത്യയങ്ങൾ വരാൻ പാടില്ല എന്നുവെച്ചാൽ ആ ഓം എന്ന് പറയുന്നത് അല്ലാതെ മറ്റ് ശബ്ദങ്ങൾ മനസ്സിൽ കിടന്നു വരാൻ പാടില്ല മറ്റ് വിഷയങ്ങളെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളൊന്നും തന്നെ മനസ്സിൽ വരിക അപ്പൊ അതെല്ലാം ഭിന്നജാതീയമായി ഓം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ വരാ ഭിന്നജാതീയ പ്രത്യാന്തരാ അതുകൊണ്ട് തടസ്സം വരാതെ സജാതീയമായത് വരാം സജാതിയോ എന്ന് പറയുമ്പോഴാണ് ഓം എന്ന് പറയുന്നതിന് ഏതെല്ലാം തരത്തിൽ വിശേഷിപ്പിക്കുന്നു അതെല്ലാം കടന്നു ഓരോ ശബ്ദവും ഓരോ അർത്ഥത്തെ കുറിക്കുന്നു പക്ഷെ ആ ശബ്ദങ്ങൾ എല്ലാം ഒരേ ജാതിയിൽപ്പെട്ട അർത്ഥത്തെയാണ് കുറിക്കുന്നത് ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് സത്യം എന്നുപാസിക്കുന്നു ജ്ഞാനം എന്നുപാസിക്കുന്നു ഇതെല്ലാം സമാന ജാതീയങ്ങളാണ് ഈ ഓരോ ശബ്ദത്തിനും വ്യത്യസ്തമായ അർത്ഥങ്ങളാണെങ്കിലും സത്യം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ ജ്ഞാനം വേറെ ആനന്ദം വേറെ പക്ഷെ അത് സമാന ഒരേ വസ്തുവിനെ തന്നെ കുറിക്കുന്നു അതുകൊണ്ട് ദോഷമില്ല തത്വവിചാരത്തിൽ സംഭവിക്കുന്നത് തത്വവിചാരത്തിൽ നാനാവിഷയങ്ങളെ കുറിക്കുന്ന നാനാശബ്ദങ്ങളാ വരുന്നു അല്ല ഒരു ശബ്ദത്തിന്റെ തന്നെ ആവർത്തിയാണെങ്കിൽ അത് വിചാരമാകത്തില്ല അത് ഉപാസനയാകത്ത ഇവിടെ എങ്ങനെയല്ല നാനാ തരത്തിൽ ഉള്ള വിഷയങ്ങളെ കുറിച്ച് സിദ്ധാന്തം സംശയം വകല്പം അതിന്റെ നിരാകരണം ഈ തരത്തിൽ പല പല വിഷയങ്ങളെയാണ് അവിടെ പക്ഷേ അതെല്ലാം സമാന ജാതീയങ്ങളാണ് ആത്യന്തികമായി എല്ലാം ഒരിടത്തു തന്നെ ചെന്നെത്തുന്നത് അതുപോലെ ഉപാസങ്ങളെ സംബന്ധിച്ചും ഉപാസ്യമായ ആ ഓങ്കാരത്തിൽ തന്നെ എത്തിച്ചേർത്ത തരത്തിലുള്ള നാനാ തരത്തിലുള്ള വിചാരങ്ങൾ വന്നാലും അതെല്ലാം സജാതീയമാണ് എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ ദീപത്തില് അനേകം നാളങ്ങൾ അതേ ദീപത്തെ തന്നെ പ്രകാശിപ്പിക്കുന്ന നിർവാതീപിഖാ സമാനോ വാതശൂന്യമായ കാറ്റില്ലാത്ത സ്ഥലത്തിരിക്കുന്ന നിർവാതസ്ഥീപശിഖ സമം അതിനു തുല്യമായി ദീപനാളം പോലെ പക്ഷെ അവിടെ ദീപ നാളവും എന്താണ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്വലനം എന്ന് പറയുന്ന ചലനമാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിർവാഹസ്ഥമായ കാറ്റില്ലാത്തടത്ത് ആ ദീപം എങ്ങനെ നിശ്ചലമാകുമെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇവിടെയും അഭിധ്യാനം അഭിധ്യായിത ഇവിടെയും ഈ ഉപാസനും മനസ്സ് ചലിക്കുന്നുണ്ട് അവിടെ ദീപം കാറ്റില്ലാത്തടത്തിരിക്കുന്നിടത്തും ദീപം ചലിക്കുന്നുണ്ട് പക്ഷേ അവിടെ ദീപം ഏകമായി ചലിക്കുന്നു എന്നർത്ഥം കാറ്റത്താണെങ്കിലോ അത് പൊട്ടിച്ചെതിറി പലതായി മാറും കാറ്റില്ലെങ്കിലോ ദീപം ഏകമായി ചലിക്കുന്നു ചലനത്തെ അംഗീകരിക്കുന്നു ഏകമായി ചലിക്കുന്നു അതുപോലെ ഇവിടെയും ധ്യാനത്തിലൊന്നു വരുന്നു മനസ്സ് ഏകമായി ചലിക്കുന്നു ചലനമില്ലെന്നര്ത്തമില്ല മനസ്സിൽ ഇവിടുത്തി പ്രവാഹമുണ്ടെങ്കിലും അത് ഏകരൂപത്തിൽ എന്തുകൊണ്ട് അവിടെ ധ്യേയായിരിക്കുന്നത് ഏകമായ ഓങ്കാരമാണോ ആ ഓങ്കാരത്തിന്റെ നാനാഭാവങ്ങളെ ചിന്തിച്ചാലും ശരി മനസ്സവിടെ ഏകമായിരിക്കുന്നതും ഉണ്ട് അതുകൊണ്ടാണ് ഏകാഗ്രം എന്ന് പറയുന്നത് ഉപാസന വിക്ഷേപരഹിതമാണോ അവിടെ വിക്ഷേപമില്ല അവിടെ മനസ്സ് സമാഹിതമാണ് ഏകാഗ്രമാണ് പക്ഷേ മനസ്സ് നിരന്തരം ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിന്റെ ഒഴുക്കിനെ അവിടെ കഴിയില്ല അതാണ് അഭിധ്യാനം എന്ന് പറയുന്നത് അവയ ഉപാസന ഇങ്ങനെ എളുപ്പമാകും ഇനി അതുമാത്രമല്ല അതിലും പ്രയാസപ്പെട്ട കാര്യങ്ങൾ എന്നു പറയുന്നത് സത്യം ്രഹ്മചര്യ അഹിംസ അപരിഗ്രഹ ത്യാഗ സന്യാസ ശൌച സന്തോഷ അമായാവിത്വദി അനേക യമനിയമാനുഗ്രഹീത യോഗശാസ്ത്രത്തിലും പറയുന്നുണ്ട് യമനിയമങ്ങൾ അതിനെ തന്നെ അവിടെ വിശദീകരിക്കുന്നത് അവിടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം സത്യം വേണം തമാശയായിട്ട് പോലും അസത്യം പറയാൻ പാടില്ല അത് അവസാനം പറയും അമായാവിത്വം സത്യം പറയണമെന്ന് മാത്രമല്ല അമായാവിയായിരിക്കും എളുപ്പമുള്ള കാര്യമുണ്ട് ഉപാസന എളുപ്പമാണെന്ന് ആൾക്കാർ പറയും ശരി ഒരാള് സത്യം തന്നെ പറയുന്നു എന്നിരിക്കട്ടെ പക്ഷെ അയാൾക്ക് മായാവിയാകാതിരിക്കാൻ പറ്റിയില്ല അയാൾക്ക് മായയെ ആശ്രയിക്കേണ്ടി വരുന്നു ഉപാസകന് സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് എന്നുവെച്ചാൽ നമ്മൾ വ്യവഹാര സൗകര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒന്നും ദ്രോഹിക്കാത്ത രീതിയിൽ ചിലപ്പം എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ച് ദോഷമില്ലാതെ ഉള്ള കള്ളങ്ങളും പറയുക പക്ഷെ അതും മായാവിത്വമാണ് പറയാൻ പാടില്ല എന്നാണ് ഉപാസകൻ അതെങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും അത്യാവശ്യം ചെറിയ കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും ചിലപ്പോ സുഖമുണ്ടെങ്കിലും ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി പറയും സുഖമില്ല എന്ന് പറയാൻ വിശപ്പുണ്ടെങ്കിലും ചില സ്ഥലത്ത് സ്ഥലത്ത് സന്ദർഭങ്ങളിൽ പറയും എനിക്ക് വിശത്തില്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പറയും ഭക്ഷണം കഴിച്ചു ഇതൊക്കെ മായാവിത്തുവാണ് സ ഓരോരോ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അങ്ങനെയൊക്കെ പറയേണ്ടി വരും ഒരു വ്യക്തിയെ കാണുന്നതിന് ഇഷ്ടമില്ല ഒരു ഞാൻ എന്ന് പറഞ്ഞേരേ മായാവിത്തു എനിക്ക സാധാരണ പറയാറുള്ളതാണ് അപ്പോൾ അത് പാടില്ല എന്നാണ് ഉപാസനം എന്നാലതിൻ്റെ പൂർണമായ ഫലമുണ്ടാവും ഇതൊന്നും ഒഴിവാക്കാൻ വയ്യാതെ മനുഷ്യനെ അത് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ ലോകവ്യവഹാരങ്ങൾ ചെയ്യുന്നു നല്ല പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ തന്നെയും ചെലതു ആരെയും ദ്രോഹിക്കാനില്ല എന്നെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞു വേറെ ആരെയും ദ്രോഹിക്കാതിരിക്കാനല്ല ഇതൊന്നും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ചിലര് പറയുന്നങ്ങനല്ല ഞാൻ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ലോകോപകാരാർത്ഥം എനിക്ക് വേണ്ടിയത് കാര്യങ്ങളെല്ലാം നേരെ നടക്കണ്ടേ അതിനുവേണ്ടിട്ട് അതും മായാവിത്വം തന്നെയാണ് വ്യവഹാരത്തിൽ അസാധ്യമായ കാര്യങ്ങൾ നമ്മൾ ഒരു മണിക്കൂർ ഉപാസിച്ചിട്ട് ബാക്കി എട്ട് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ അത് സ്വന്തം സേവനമായാലും ശരി ലോകസേവനമായാലും ശരി അവിടേക്ക് ഈ മായാവിത്വം കടന്നു വരും അതാണ് വ്യവഹാരത്തിൽ വരുന്ന ദോഷം വ്യവഹാരമില്ലാതെ ഇങ്ങനെ ജീവിക്കും ഭക്ഷണം വേണ്ടേ വസ്ത്രം വേണ്ടേ കിടക്കാൻ സ്ഥലം വേണ്ടേ എന്നെല്ലാൾക്കാരെ ചോദിക്കും ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അവിടെ മായാപിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ട് ഇനി ഉപാസികളയാം എന്ന് കരുതുന്ന പോലെ ഉള്ളു അപ്പോ അതിൽ നിന്ന് ഒന്നിനായിട്ട് മാത്രം ഒഴിവാക്കാൻ പറ്റത്തില്ല അല്ലെന്ന് പറയുന്നത് സത്യം വേണം അമായാവിത്വം വേണം സത്യത്തിൽ തന്നെ ഒരു തരത്തിലും മയം കണ്ടെത്താൻ പാടില്ല നേരത്തെ പറഞ്ഞു വിനോദമായിട്ട് പോലും ക്രീഡാദികളിലും കളികളിലും മറ്റും ഏർപ്പെടുമ്പോൾ പോലും അസത്യം പറയാൻ പാടില്ല ബ്രഹ്മചര്യം അതുപോലെ വരുമ്പോ വ്രതം അത് പാലിക്കണം ഉപാസകൻ ലോകവ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് സാധ്യമില്ല മനസ്സ് വിക്ഷിപ്തമാകും മനസ്സ് ചന്തലമാകും മാനസികമായെങ്കിലും വ്യതിചലിക്കും അഹിംസ ഹിംസിക്കാൻ പാടില്ല വ്യവഹാരത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ സാധ്യമില്ല ശരി മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ അത് ചെയ്യാം ഞാൻ ആരും ഉപദ്രവിക്കുന്നില്ല പക്ഷെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോ ഹിംസ ചെയ്യേണ്ടി വരും ചെലവറി തന്നെ തന്നെ അല്ല തന്റെ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഹിംസിക്കും ചില ശരിയായ വഴിയല്ല അപരിഗ്രഹം ഇനി ഉപാസകൻ അപരിഗ്രഹം ഒന്നും സമ്പാദിച്ചു വയ്ക്കാൻ പാടില്ല തൻ്റെതായിട്ട് ബാങ്കിൽ പണം പാടില്ല ആശ്രമം സ്വന്തമായിട്ട് പാടില്ല എന്നും പാടില്ല അപരിഗ്രഹനായിരിക്കുന്നു അപരിഗ്രഹം എന്ന് വെച്ചാൽ ശരീരം നിലനിർത്തുന്നതിന് എന്താണ് വേണ്ടത് അധികം ഇനി ഒന്ന് സ്വീകരിക്കരുത് ബാക്കിയുള്ളതൊക്കെ എന്തു ചെയ്യണം ത്യാഗം ഉപേക്ഷിക്കണം അതിനോടൊപ്പം പിന്നെ ഒരു സന്യാസം കൂടെ ത്യാഗത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സന്യാസം ത്യാഗമൊന്നു പറയുന്ന ഉപേക്ഷിക്കുക ഒരാള് ഉപാസകൻ തന്റെ ഗൃഹത്തെ ഉപേക്ഷിക്കുന്നു കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു പിന്നെ അവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ത്യാഗത്തെ കാരണം അതൊരു തുടക്കമാണ് ഒരാള് വിരജാ ഹോമം നടത്തി സന്യാസിയാവുന്നു ഒരു തുടക്കം മാത്രം അങ്ങനെ ഒരു ചടങ്ങില്ല പേ സ്വാമിയാവും ചൂട് രണ്ടു ദിവസം നിൽക്കും അത് കഴിയുമ്പോൾ അവരെ എന്താണോ ഇരിക്കുന്നത് അതുതന്നെ പുറത്തു വരും അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങൊക്കെ നടത്തി ഒരു സുപ്രഭാതത്തിൽ ത്യാഗിയാകാം പക്ഷെ സന്യാസം എന്ന് പറയുന്നത് അതിന്റെ തുടർച്ച അവിടെ എന്തൊക്കെ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും എല്ലാം ആണോ അത് തുടരുക ത്യാഗത്തെ തുടർന്നു വരുന്ന ത്യാഗത്തിന്റെ ആചരണങ്ങൾ അതാണ് സന്യാസം ആ ത്യാഗത്തെ ഇപ്പോ ഒരാൾ പറയുന്നു കുടുംബത്തെ ഉപേക്ഷിച്ചു എന്നാ അപ്പോൾ ത്യാഗമായി കുടുംബത്തെ ഉപേക്ഷിച്ച് പിന്നെവിടെയാ പോകുന്നത് കുടുംബത്തെ ഉപേക്ഷിച്ച് ഒരാശ്രമത്തിൽ പോകും അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോവും ത്യാഗം തന്നെയാണ് എന്തിനുവേണ്ടി ഉപാസനയ്ക്ക് വേണ്ടിയാണിത് അപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്നു അപ്പോൾ പോയിരിക്കാം അവിടെ ചെന്നിരുന്ന് കഴിയുമ്പോഴാണ് കുടുംബത്തിന്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നു അപ്പോൾ മൊബൈൽ ഫോണെടുത്ത് വെച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ തിരക്കും അവിടെ എങ്ങനെയുണ്ട് ഇവിടെ സുഖമാണ് ആശ്രമത്തിൽ കുറച്ച് സമയം എന്തെങ്കിലും പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി സമയം സുഖമാണ് അവിടെ എങ്ങനെയാണ് അപ്പം അത് സന്യാസമില്ല അവിടെ ത്യാഗം തുടരുന്നില്ല ത്യാഗം വന്നു പക്ഷേ സന്യാസം വന്നില്ല ദുഃഖ ഉപാസകന് ആവശ്യമാണ് പിന്നെ ശൗചം അതാവശ്യമാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുചിത്വവും ഇതെല്ലാ ഉപരി എന്താണ് സന്തോഷം അതാണ് വളരെ സന്തോഷത്തിരിക്കും വേണം ഇതെല്ലാം ഉപേക്ഷിച്ച് വീടെല്ലാം ഉപേക്ഷിച്ച് ഈ പറയുന്നതെല്ലാം കഴിയുന്നത്ര പരിപാലിച്ചിരിക്കുന്നവനും സന്തോഷമായി ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സന്തോഷമില്ലാത്തവനെങ്കിലും ഉപാസനയിൽ മനസ്സ് വരും നമ്മുടെ മനസ്സിലേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനസ്സൊന്നും അസ്വസ്ഥമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപാസനയും നടക്കത്തില്ല ഒരു സമൂഹത്തിലിരിക്കുമ്പോൾ പണ്ട് ഏകാഗിയായി പോകണമെന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം അതാണ് അങ്ങനെ ഒരു സമൂഹത്തിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും അപ്പം മനസ്സ് അസ്വസ്ഥമാകും അന്യൻ നിമിത്തമായിട്ട് മനസ്സിന് അസ്വസ്ഥ വരും അങ്ങനെ സന്തോഷം വരും അന്യൻ നിമിത്തമായിട്ട് സന്തോഷവും വരാം പക്ഷെ അന്യൻ നിമിത്തമായിട്ട് സന്തോഷം വരുന്നിടത്ത് അന്യൻ നിമിത്തമായിട്ട് ദുഃഖവും വരും അടുത്തിരിക്കുന്നവൻ ആയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ വരും ഒക്കെ സന്തോഷം നഷ്ടപ്പെടും ഇതെല്ലാം ഒത്തു വരണം ഏകാഗിയായിരുന്നേ പറ്റൂ ഇതെല്ലാം പൂർണമായും വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഏകാഗിയായിരുന്നാലേ പറ്റൂ രണ്ടാമതൊരാളെ പാടില്ല പക്ഷെ അതിനുള്ള ആത്മധൈര്യമൊന്നും ഇന്നത്തെ മനുഷ്യർക്കില്ല അതാണ് വാസ്തവം പിന്നെ അതിന് കഴിയാത്തവണ് നമ്മൾ പല ന്യായീകരണങ്ങളും പറയും എന്നുള്ളതാണ് ഇതിന് വേണ്ട ആത്മബലമില്ല ഏകാകായിരിക്കുന്നതിനുള്ള ആത്മബലം ഒന്നും അത് ഏകാകീകരുന്നപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരും അപരിഗ്രഹവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് പഴയകാലത്ത് ഓരോ നിയമം വെച്ച് അങ്ങനെയുള്ള ഒരു ത്യാഗിയും സന്യാസിയും ഏകാഗിയും അപരിഗ്രഹനുമായി ഇരിക്കും എല്ലാ വ്യവഹാരങ്ങളും ഒഴിവാക്കി സത്യത്തെ മാത്രം പിന്തുടർന്നുകൊണ്ട് പിന്നെ ഒരൊറ്റ വഴിയുണ്ട് ഭിക്ഷാന്തേ അതായിരുന്നു കൊണ്ട് പറഞ്ഞിരുന്നു ഉപാസകൻ ഇന്നതിനൊന്നുമുള്ള ആത്മബലം ആർക്കും അത്രയ്ക്കുള്ള ചങ്കറക്കില്ല വലിയ സ്വാമിമാരൊക്കെ ഇന്നുമുണ്ട് പക്ഷെ ചങ്കറപ്പുള്ള സ്വാമിമാരിന്നില്ല ഒറ്റയ്ക്ക് അങ്ങനെ സാധിക്കില്ല പിന്നെ തന്നെ എന്താണ് അനേക യമ നിയമ അനുഗ്രഹീത ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുതന്നെ നമ്മൾ കേട്ടപ്പോ എല്ലാം മതിയാക്കി തിരിച്ചു പോയാൽ എന്തെന്ന് ആലോചിക്കുന്നു ബാക്കി ഇവിടെ പറഞ്ഞല്ലോ യമനിയമാതി അനുഗ്രഹീതനായ ഒരുവൻ അവനാണ് ഉപാസന എന്ന് പറയുന്നത് ഇതിന്നൊക്കെ രക്ഷപ്പെടാനുള്ള നമ്മുടെ വഴിയാണ് കർമ്മയോഗം ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല യാവജീവ വ്രതധാരണ പറയുന്നു മരണം വരെ ഇങ്ങനെയുള്ള ഒരു വ്രതത്തെ ധരിച്ചിരിക്കുന്നവൻ അവനുപാസിച്ചാൽ എന്താ അവന് കിട്ടുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നു കഥമോം വാബസ് അത്തേനും ലോകം ജീര്യത് ലോകത്തെയാണ് അവന് അവന് കിട്ടുന്നത് എന്നാണ് ഉപാസന കിട്ടുന്ന ലോകങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് ആ ഇവിടെ സമാനം പറയുന്ന എന്താണ് ഇത്രയും നിയമങ്ങളോടുകൂടി ഓരോപാസിച്ചാലും അവന്റെ ഫലമെന്ന് പറയുന്ന അവന്റെ ഉപാസനക്കനുസരിച്ചിട്ടാണ് ഇതൊക്കെ ആവശ്യമാണ് ഇത്രയും ചെയ്തുകൊണ്ടായി അവന്റെ ഉപാസന അപൂർണമാണെങ്കിൽ ഫലവും അപൂർണമായിരിക്കും അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് വൈ സത്യകാ പരംഖ്യം പ്രഥമജം ബ്രഹ്മങ്ങൾ അപരബ്രഹ്മം പ്രഥമജൻ ശ്രുതി പറയുന്നതാണ് ഭാഷകാരന്റെ സ്വന്തം ഒന്നും എന്തായാലും പ്രഥമജനായിരിക്കുന്ന ഓങ്കാരം തന്നെ ഓങ്കാരാത്മകം ഓങ്കാരപ്രതീകത്വ ഓങ്കാരം തന്നെയെന്ന് പറഞ്ഞാൽ അതാണ് ഓങ്കാരം തന്നെയെന്ന് വെച്ചാൽ അതിന്റെ പ്രതീകം ഓങ്കാരമാണ് അതുകൊണ്ട് അതിന് ഓങ്കാരം തന്നെയെന്ന് പറഞ്ഞു ശിവന്റെ പ്രതീകമാണ് ശിവലിംഗം അതുകൊണ്ട് പറയുന്നു അത് ശിവൻ തന്നെ സ്ഥലഗ്രാമം വിഷ്ണുവിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് അങ്ങനെ വിഷ്ണു സ്ഥലഗ്രാമത്ത് പൂജിക്കുന്നത് വിഷ്ണുവായിട്ട് തന്നെയാണ് അല്ലാതെ അവിടെ ചെന്നിരുന്നിട്ട് ഇത് വിഷ്ണുവിൻ്റെ പ്രതീകമാണ് ഞാനിത് ഇതിലൂടെ വിഷ്ണുവിനെ ആരാധിക്കുന്നു ഇത് വേറെയാണ് വിഷ്ണു വേറെയാണ് അങ്ങനെ യുക്തി വിചാരമൊന്നു അങ്ങനെ യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉപാസനയും ഭക്തിയും ഒന്നും ഉണ്ടാകത്തുല്ലോ മനസ്സ് അത് വിഷ്ണു തന്നെ എന്ന് തന്നെ ധരിക്കുന്നു ഈ ഓം അത് ബ്രഹ്മൻ തന്നെയാണ് അതാണ് ഉപാസന ഉപാസന മുഖ്യമായ ഭാഗമാണ് പലഹി ബ്രഹ്മശബ്ദാദിപലക്ഷണ അനർഹം സർവധർമ്മ വിശേഷവർജിതം അതോന്ന സഖ്യം അതീന്ദ്രിയ ഗോചരത്വാത്യവിനേന മനസ്സ അവഗാഹിതും ഓങ്കാരെയ്തു വിഷ്ണു ആദിപ്രതിമാനീയെ ഭക്തി ആവേശിതബ്രഹ്മഭാവേ ധ്യായം തത് പ്രസീതതി പറയുന്നു പരബ്രഹ്മണെങ്കിലോ ശബ്ദാദ്യുപലക്ഷണ അനർഹം ശബ്ദാദികൾക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തതാണ് അവിടെ ശബ്ദത്തിൽ നിന്ന് എത്താൻ കഴിയുന്നില്ല പരബ്രഹ്മത്തെ ഉപാസിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശബ്ദം കൊണ്ടാണ് എല്ലാ ധ്യാനങ്ങളും ശബ്ദം കൊണ്ടാണ് ശബ്ദമില്ലാതെ ധ്യാനിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് കാരണം ധ്യാനം എന്ന് പറയുന്നത് ഏകാഗ്രമായ ചിന്ത എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ് ശിവോഹം ശിവോഹം എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് അതോട് ശബ്ദം പുറത്തു വരുന്നില്ല പക്ഷെ മനസ്സിലെന്താണ് ശിവോഹം ശിവോഹം എന്നുള്ള ശബ്ദവൃത്തിയാണ് ആ ശബ്ദവൃത്തിക്ക് വിഷയമല്ല ശബ്ദവൃത്തി എന്ന് പറയുമ്പോൾ മനസ്സ് ശബ്ദാകാരത്തെ പ്രാപിച്ചിരിക്കുന്നു ബാഹ്യശബ്ദമില്ല പക്ഷേ ശബ്ദാകാരത്തെ ആന്തരികമായി മനസ്സ് പ്രാപിച്ചിരിക്കും അങ്ങനെ ഉപാസിക്കുമ്പോൾ ശബ്ദത്തിന് വിഷയമല്ലാത്ത ബ്രഹ്മത്തെ ഉപാസിക്കാൻ പരബ്രഹ്മത്തെ ഉപാസിക്കാൻ കഴിയൂല്ല പരബ്രഹ്മത്തെ ഉപാസിക്കാൻ കഴിയത്തില്ല അവരബ്രഹ്മത്തെ ധ്യാനിക്കും സർവധർമ്മ വിശേഷ അതിനെ എങ്ങനെ ധ്യാനിക്കാനാണ് അതിനെ ധ്യാനിക്കുന്നതിന് അതിന് വിശേഷധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല നിർഗുണമല്ല അതുപോലെ സഖ്യും ഇന്ദ്രിയ സഖ്യം അതീന്ദ്രിയ ഗോചരത അത് ഇന്ദ്രിയ ഗോചരമല്ല അതുകൊണ്ട് അതിനുപാസിക്കാൻ സാധ്യമല്ല കേവലേനം മനസ്സാഹിതം അതിനങ്ങോട്ട് നേരിട്ട് അവിടെ ശബ്ദവും എത്തത്തില്ല മനസ്സും എത്തുന്നില്ല ഒന്നും എത്തുന്നില്ല ്രഹ്മത്ത് അങ്ങനെ ധ്യാനിക്കാൻ പറ്റത്തില്ല ഇന്നുവരാരും ധ്യാനിച്ചിട്ടുമില്ല പരബ്രഹ്മ അപ്പൊ മനസ്സിൽ ഉൾക്കൊള്ളാമെന്നുള്ള ഒന്നിനെ ധ്യാനിക്കാൻ പറ്റൂ അപ്പവിടെ എന്തിനു ധ്യാനിക്കുന്നു മനസ്സാവഗാഹിതു ഓങ്കാരെയ്തു വിഷ്ണു ആദിപ്രതിമാരം എന്ന് പറയുന്ന ശബ്ദം വിഷ്ണുവിന്റെ പ്രതിമ പോലെയാണ് വിഷ്ണു വിഷ്ണുവിന്റെ പ്രതിമ പോലെയാണെങ്കിൽ ശിവന്റെ പ്രതിമ പോലെയാണ് ഓങ്കാരം അത് മനസ്സിൽ കിട്ടുന്നതാണല്ലോ ഓങ്കാരം പ്രതിമ മനസ്സിന് വിഷയമാകുന്നതാണല്ലോ ഓങ്കാരം ശബ്ദാത്മകമായ മനോവൃത്തിക്ക് വിഷയമാകുന്നു അത് ശബ്ദമാണ് ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പക്ഷെ ഓങ്കാരത്തെ ഓങ്കാരമായിട്ടല്ല ഭക്തി ആവേശിത ബ്രഹ്മഭാവിയെ അതിനെ സ്വയം ബ്രഹ്മമായി തന്നെ ഞാൻ കാണുന്നു അതാണ് ഉപാസൻ ഓം അത് തന്നെയാണ് ബ്രഹ്മമാണ് ബ്രഹ്മമാണെന്നുള്ള ഭാവന ആ ഓമിൽ മനസ്സുറച്ച് അത് തന്നെ ബ്രഹ്മം ശിവലിംഗത്തിൽ മനസ്സുറച്ച് എന്താണ് അത് തന്നെയാണ് ശിവൻ അങ്ങനെ സാളഗ്രാമത്തിൽ മനസ്സുറച്ച് അവേശിതമായി ഉറച്ച് സാളഗ്രാമം തന്നെയാണ് വിഷ്ണു അല്ലെങ്കിൽ ആ പ്രതിമ തന്നെയാണ് വിഷ്ണു ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ മനസ്സോട്ട് ഉറച്ച് എന്താണ് ഈ കാണുന്ന ഈ രൂപം തന്നെയാണ് വിഷ്ണു തത്വം ഏതൊരു തത്വമാണോ മനസ്സിനും ബാക്കിലും വിഷയമല്ലാതിരിക്കുന്നു ആ തത്വം ഈ കാണുന്ന രൂപമാണ് ഈ ചെറിയ ഒരു കഷ്ണമാണ് അങ്ങനെ മനസ്സങ്ങോട്ട് ഉറക്കുന്നു ഉറപ്പിനെയാണ് പറയുന്നത് ഭക്തിയെന്ന് മനസ്സാ രൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിയാകത്തു മനസ് അത്തരത്തിൽ അങ്ങോട്ട് ആ വസ്തുവിൽ മനസ്സിന് വിഷയമാക്കാൻ പറ്റിയ വസ്തുവിൽ അത് ഓങ്കാരമായാലും ശരി പ്രതിമയായാലും അങ്ങോട്ട് മനസ്സ് ഉറച്ചു കഴിയുമ്പോ മനസ്സിൽ വെളിപ്പെടുന്ന മറ്റ് ഭാവങ്ങളാണ് ഭക്തി രസങ്ങളും അത് മനസ്സ് അങ്ങനെ ഏകാഗ്രമാകുമ്പോൾ മനസ്സ് എന്ന് പറയുന്നത് സമുദ്രം പോലെയാണ് അതില്ലാത്ത ഒന്നുമില്ല അപ്പൊ മനസ്സങ്ങനെ ഉറച്ചു കഴിയുമ്പോൾ ഓങ്കാരത്തിൽ ഉറച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ധ്യേയമായ വസ്തുക്കൾ ഉറച്ചു കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് പലതും പ്രകടമാകും ചിലർക്ക് സങ്കടം വരും ചിലർക്ക് സന്തോഷം വരും ചിലർക്ക് ഉന്മാദം വരും പലതും വരും അപ്പം നമ്മൾ പറയാതെ ഭക്തിയുടെ ഭാവങ്ങളാണ് ഭക്തി കൊണ്ട് സംഭവിച്ചാണെന്നോ ഇതല്ല നന്ദം വരും അത് മനസ്സ് അങ്ങനെ അപേക്ഷിതമാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം അപ്പം മനസ്സ് വാസ്തവത്തിൽ അവേക്ഷിതമാകുന്നെങ്ങനെ ആ പരമമായ തത്വത്തിലല്ല മറിച്ച് പ്രതീകത്തിലാണ് പ്രതീകം വരെ മനസ്സെത്തും പരമമായ തത്വത്തിൽ അത് എത്തത്തില്ല അത് യഥോ വാച്ചോ എന്ന് പറയ മനസ്സഹ അത് പിന്തിരിഞ്ഞ് പോരുന്നാണ് അവിടെ മനസ്സിനെ ഏകാഗ്രമാക്കാനൊന്നും പറ്റത്തില്ല മനസ്സിനും ആധാരമാണ് അത് മനസ്സിന്റെ സ്വരൂപമാണ് അത് മനസ്സിന് വിഷയമാകുന്നില്ല ഇവിടെ വിഷയമാകുന്ന കാര്യം പറയുകയാണ് അതാണ് ധ്യാനം ഉപാസന ഭക്തിയാവേശ ബ്രഹ്മഭാവേ ധ്യായി നാം ധ്യാനിക്കുന്നവർക്ക് ഉപാസകന്മാർക്ക് അത് പ്രസീതമാകുന്നു അതാണ് മനസ്സ് ഏകാഗ്രമാകുമ്പോൾ എന്തൊക്കെ മനസ്സിൽ സംഭവിക്കുന്നു അതാണ് അതിൻ്റെ പ്രസാദമെന്ന് പറയുന്നു ഒരാൾക്ക് ആനന്ദമാണ് വരുന്നതെങ്കിൽ ഒരാൾക്ക് ദുഃഖങ്ങളെല്ലാം വിസ്മരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ ഫലമായി ദിവ്യമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ദിവ്യമായ ശക്തികളാണ് ഒരാൾക്കുണ്ടാകുന്നതെങ്കിൽ എല്ലാം സംഭവിക്കാറുണ്ടോ ഒരാൾക്ക് ഭൗതികമായും ആധ്യാത്മികമായും ഉള്ള ഐശ്വര്യങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതൊക്കെ ഉണ്ടാകാം ഉപാസനമുണ്ട് ശരിയായ രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസൊക്കെ വളരെ കൂടും ഒരു സംശയമില്ല സമ്പത്തെല്ലാം വന്നു ചേരും എങ്ങനെയാണോ ആധ്യാത്മികമായ സമ്പത്ത് വരുന്നത് മനസ്സിൽ പല പല സിദ്ധിവിശേഷങ്ങളും പ്രകടമാകും സിദ്ധിവിശേഷങ്ങൾ മനസ്സിൽ പ്രകടമാവുമ്പോഴാണ് ലോകരെല്ലാം അവിടെ ആകർഷിക്കപ്പെടുന്നത് അങ്ങോട്ട് നിഗ്രഹാനുഗ്രഹ ശക്തികളെല്ലാം വന്തി ചേരുന്നു ലോകത്തെ അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനുമുള്ള ശേഷി വരുന്നു അതാണ് പറയുന്നത് പ്രസീതീ പ്രസാദം ഉണ്ടാകുന്നു തത്വത്തിൻ്റെ പ്രസാദം ഉണ്ടാകുന്നു അനുഗ്രഹം ഉണ്ടാകുന്നു അവനൽ പ്രസാദിക്കുന്നു ഇതെല്ലാം അവിടെ പ്രകടമാകുന്നതാണ് മനസ്സിൽ തന്നെ പ്രകടമാകുന്ന കാര്യങ്ങളാണ് വേറെ ഒരു സ്ഥലമില്ല ഉപാസിക്കുന്ന മനസ്സിന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു വസ്തുവിനെ മനസ്സിന് പിടിക്കുന്നതാണ് ഉപാസന പക്ഷെ അവിടെ കിട്ടുന്നതെന്താണ് തത്പ്രസീതീത്യവഗമ്യതേ എങ്ങനെയറിയാം ശാസ്ത്രപ്രാമാണിയ ശാസ്ത്രം തന്നെ പറയും അതാണ് വേദത്തിൽ ഓരോ ഉപാസനയും പറഞ്ഞിട്ട് പറയും നിങ്ങൾ ഈ ഉപാസന അന്ന ഫലം കണ്ണില്ലാത്തവന് കണ്ണ് കിട്ടും ചെവിയില്ലാത്തവന് ചെവി കിട്ടും പുത്രന്മാരില്ലാത്തവന് പുത്രൻ പശു ഇല്ലാത്തവന് പശു വരും പിന്നെ ഇന്ന ഇന്ന ലോകത്തിൽ പോകാം നാലാം തരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാം എന്തുകൊണ്ടാണ് ആ ഏതൊരു തത്വത്തെയാണോ മനസ്സിന് പ്രാപിക്കാൻ കഴിയാത്ത ആ തത്വത്തെ ഏതെങ്കിലും ഒരു ഉപായത്തെ അവലംബിച്ചുകൊണ്ട് ആ ഉപായമായി ധ്യാനിക്കുമ്പോൾ അവിടെ ആ തത്വത്തിൽ നിന്ന് പരമമായ തത്വത്തിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകുന്നു അനുപാസകന്മാർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നു അതിന് ശാസ്ത്രം പ്രമാണമാണ് അപ്പൊ ചിലര് പരബ്രഹ്മത്തെ ഉപാസിക്കുന്നു ചിലര് അപരബ്രഹ്മത്തെ ഉപാസിക്കുന്നു ചില പരബ്രഹ്മത്തെ ഉപാസിക്കാൻ വേണ്ടി ഓങ്കാരത്തെടുക്കുന്നു പരബ്രഹ്മം വിഷയമൊന്നുമല്ല പക്ഷെ അത് കഴിയാത്തോണ്ട് ആ ഇത് തന്നെയാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞു അല്ലേ ഗുരുസാക്ഷാത് പരബ്രഹ്മം ഒരാൾ ഗുരുവെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മൂർത്തിയെ കാണും പരബ്രഹ്മം അവിടെ എത്തുന്നില്ല മനസ്സെത്തുന്നില്ല പക്ഷെ ഗുരു മനസ്സെത്തുന്നുണ്ട് ഗുരുവിന്റെ രൂപഭാവങ്ങളെല്ലാം മനസ്സെത്തുന്നുണ്ട് അപ്പം ആ ഗുരുവിനെ തന്നെ എന്ത് ചെയ്യുന്നു അത് പരബ്രഹ്മമാണ് എന്ന് കരുതി ഉപാസിച്ചാൽ ഇവിടെ പറയുന്നു ഏതൊന്നിനെയാണ് ഉപാസിച്ചത് ആ പരബ്രഹ്മം പ്രസാദിക്കുന്നയുടെ ഗുരുവിലൂടെ ഉപാധിയിലൂടെ ഉപാധി നിമിത്തമായി അങ്ങനെ മനസ്സിനും വാക്കിനും ഒന്നും എത്താത്ത ആ പരബ്രഹ്മത്തെ ഉപാസിച്ചുകഴിഞ്ഞാൽ ആ പരബ്രഹ്മം നിർഗുണവും നിരാകാരവുമായി ആ പരബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ അനുഗ്രഹം ഉണ്ടാകും ഹിക്കാൻ അവിടെ എന്താ ഉള്ളത് കേവലമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന തത്വത്തിൽ എന്ത് ചെയ്തു ഉപാസന എന്ന് പറയുന്നതിന് എന്ത് ചെയ്തു ഉപാധികളെ സ്വീകരിച്ചു പരമാർത്ഥമായ തത്വത്തിൽ ഒന്നും തന്നെ ഇല്ല അത് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നുണ്ടെന്താണ് ഏകവും അദ്വൈവമായിരിക്കുന്ന തത്വമായിരുന്നിട്ട് സ്വയം താൻ തന്നെ ആ തത്വത്ത് ഉപാസിക്കുന്നു താൻ സ്വയം ആ തത്വമാണ് നിർഗുണവും നിരാകാരവുമാണ് പക്ഷെ അങ്ങനെയിരിക്കുന്ന താൻ തന്നെ എന്തു ചെയ്യുന്നു ആ തത്വത്തെ ഉപാസിക്കുന്നു അങ്ങനെ ഉപാസിക്കുന്നതിനെന്തിനെ ആശ്രയിക്കുന്നു ഈ സമസ്തകർണങ്ങളെ ആശ്രയിക്കുന്നു അപ്പോൾ നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആ തത്വത്തെ സ്വയം അതായിരിക്കുന്ന താൻ ഈ കർണങ്ങളെയെല്ലാം ആശ്രയിച്ചുകൊണ്ട് ഉപാസിക്കുന്നു അതിനൊരു വൈരുദ്ധ്യമുണ്ട് ഇതെല്ലാം എവിടെ നിന്ന് വന്നു കരണങ്ങളെല്ലാം മനസ്സ് വേണ്ടേ ശരീരം വേണ്ടേ ഇന്ദ്രിയങ്ങൾ വേണ്ട ഉപാസന അന്നപാനാദികളെല്ലാം വേണ്ടേ അപ്പോൾ എന്താണ് ആ പരമമായ തത്വം അതിൻ്റെ തന്നെ വിഭൂതികളാണ് ഇതെല്ലാം അത് നാനാ ഉപാധി സ്വരൂപത്തിൽ നിൽക്കുന്നു പരമമായ തത്വം തന്നെ നിരുപാധിയുമായി അത് നിത്യവും ആയിരിക്കുന്നുണ്ടെങ്കിലും നാനാ ഉപാധികളിലൂടെ എന്ത് ചെയ്യുന്നു അത് ഉപാസകന് അനുഗ്രഹത്തെ കൊടുക്കുന്നു അത് ഏതേതെല്ലാം ഉപാധിയിലൂടെയാണെന്ന് പറയാൻ കഴിയില്ല ഒരു ഉപാസകന് എവിടെ നിന്നെല്ലാം അനുഗ്രഹം കിട്ടുന്നുണ്ടോ അതെല്ലാം ആ പരമമായ തത്വം ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ആ ഉപാധിയിലൂടെ നൽകുന്നതാണ് ഇപ്പം ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നു അതുതന്നെ ഗുരു എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ പൊതുവിലെ സാക്ഷാത് പരം ബ്രഹ്മമായി ആ ഉപാധി എന്ന മാധ്യമത്തിലൂടെ അനുഗ്രഹങ്ങളുണ്ടാകുന്നു ദേവതകളെ ഉപാസിക്കുന്നു ദേവതകൾ അങ്ങനെ ഉണ്ടാകുന്നു അനുഗ്രഹം സർവത്ര ആ ഉപാധികളുടെ സംഭവിക്കുന്നു ആ തത്വത്തിൽ അതെങ്ങനെ സംഭവിക്കുന്നു തത്വത്തിൽ മനസ്സെത്തുന്നില്ലല്ലോ വാക്കും മനസ്സും എത്തുന്നില്ലല്ലോ അതൊരു തത്വമാണ് വാക്കും മനസ്സും എത്താത്തൊരു തത്വമാണ് എന്നുള്ളതിനപ്പുറം മനസ്സിനോ വാക്കിനോ അതിനോ വെളിപ്പെടുത്താൻ ഉപായങ്ങളൊന്നുമില്ല മനസ്സ് വെളിപ്പെടുത്തുന്നുണ്ടെന്താണോ നിവൃത്തി രൂപത്തിൽ അത് മനസ്സിന് വെളിപ്പെടുന്ന ഒന്നല്ല ആ രീതിയിൽ അതിനെ വെളിപ്പെടുത്തുന്നുള്ളൂ മനസ്സ് അതിനെ എന്താണ് നാനാ ഉപാധികളെ സ്വീകരിച്ചു നിന്നുകൊണ്ട് ഇതാണ് അത് അത് തന്നെ ആ പരംബ്രഹ്മം എങ്ങനെയാണോ അനുഗ്രഹിക്കുന്നത് അധ്യായിയെ ധ്യാനിക്കുന്നവനെ അതുപോലെ അപര ബ്രഹ്മത്തെയും ദേവതകളെയും ഗുരുവിനെയും ഈ ലോകത്തെന്തിനോ ഉപാസിച്ചാൽ മാടിനെയും മറുതയും ഒക്കെ ഉപാസിച്ചാണ് ഇത് തന്നെ അവിടെയൊക്കെ സംഭവിക്കുന്നത് സെഗുത്താൻ ഉപാസിച്ചാലനുസരിച്ച് അവിടെ ഇതുതന്നെ സംഭവിക്കും ആരോപാസിച്ചാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നു പ്രസാദം അനുഗ്രഹം അത് ഉപാസനയെക്കുറിച്ച് പറയുന്നു ആ ഫലം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ പറഞ്ഞ രീതിയിൽ ഉപാസന പൂർണമായിരിക്കുന്നു ഉപാസന അപൂർണമാണെങ്കിലോ ഫലവും അപൂർണമായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് ഓങ്കാരത്തെ ധ്യാനിക്കുന്നതിലൂടെ ഓങ്കാരമെന്ന് പറയുന്ന ഈ ശബ്ദം തന്നെയാണ് പരവും അപരവുമായിരിക്കുന്ന ബ്രഹ്മമെന്ന് ധ്യാനിക്കുന്നതിലൂടെ ബ്രഹ്മതി അവൻ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ അവരബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഉപാസനയിലൂടെ അപരബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ അവൻ അപരബ്രഹ്മത്തെ പ്രാപിക്കുന്നു പരബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ അത് എങ്ങനെ പരബ്രഹ്മം തന്നെയുണ്ട് അവിടെ ഉപാസ്യമായിട്ട് പിന്നെന്തിനായി അപരബ്രഹ്മത്തെ ഉപാസിക്കുന്നു ജന്മാ ജന്മാധികളെല്ലാം എവിടെ നിന്നാണ് സംഭവിച്ചത് ആ പരമാത്മാ തന്നെയുണ്ട് ഉപാസിക്കാൻ അത് അങ്ങനെ ഇരിക്കുക പിന്നെന്തിനാ ബാക്കി ദേവതകളെ ഉപാസിക്കാൻ പോകും അവരെ ബ്രഹ്മത്തെ എന്തിനുപാസിക്കണം എന്ന് ചോദിക്കും ആ വ്യക്തിയുടെ താല്പര്യം സംസ്കാരം വാസന അതനുസരിച്ച് ഓരോരുത്തരും ഓരോന്നും ഉപാസിക്കും അത് ശ്രേഷ്ഠമായതേതോ അത് തന്നെ ചെയ്യണമെന്നില്ല ദുരക്ഷമല്ലാത്തതും മനുഷ്യൻ ചെയ്യും അതുകൊണ്ടാണല്ലോ ഇവിടെ നന്മയും തിന്മയും നിലനിൽക്കുന്നത് തെറ്റിശ്ശേരിയും നിലനിൽക്കുന്നത് ധർമ്മവും അധർമ്മവും നിലനിൽക്കുന്നു ഇതെല്ലാത്തിനും മനസ്സിന് പ്രേരണകൾ ഉള്ളികിടക്കുന്നുണ്ട് അതനുസരിച്ച് പാസിക്കും അതുകൊണ്ട് ഇന്നതേ പാടുള്ളൂ എന്നാർക്കും പറയാൻ പറ്റില്ല കുട്ടിച്ചാത്തിന് ഉപാസിക്കരുതെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ പ്രേരണ ഉള്ളിൽ നിന്ന് അതിനാണ് വരുന്നതെങ്കിൽ അത് ചെയ്യും അമൃതവും വിഷവും മുമ്പിൽ കഴിഞ്ഞാൽ രണ്ടുമുണ്ട് പക്ഷെ ചിലര് അമൃതത്തെ ഇരിക്കും സേവിക്കുന്നു ചിലർ സേവിക്കുന്നത് വിഷത്തേരിക്കും അത് ലോക സ്വഭാവം എന്തായാലും ഉപാസനക്ക് ഫലമുണ്ട് എന്നുള്ള പറയുന്നു അതിന്റെ തീവ്രതയ്ക്കും പൂർണ്ണതയ്ക്കും അനുസരിച്ച് ഫലത്തിലും വരും ആ തീവ്രതയും അത് അവസാനമായി എത്തിച്ചേരുന്നിവിടെ പരം ബ്രഹ്മം വരെ എത്തിച്ചേരാം നിയദിഷ്ടം ഹി ആലംബനം ഓങ്കാരവും ബ്രഹ്മണ ബ്രഹ്മോപാസന ചെയ്യുന്നിരുന്നൊണ്ട് ബ്രഹ്മത്തിൽ എത്തിച്ചേരും പറയുന്നു അതിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന നിയദിഷ്ടമായിരിക്കുന്നു ഏറ്റവും അടുത്തിരിക്കുന്നു ആലംബനമാണ് ഓങ്കാരം ബ്രഹ്മത്തിന്റെ അടുത്തിരിക്കുന്ന ഉപകരണം എന്നാണ് ഉപായം ധ്യാനോപകരണം ശബ്ദങ്ങൾക്ക് മഹത്വമുണ്ട് അതിനുള്ള മഹത്വം അതിനുണ്ട് എന്തുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം ഇങ്ങനെ പ്രകടമാകുമ്പോ അത് ആദ്യം പ്രകടമായത് ഓം ആണ് ഓമിത്യേകാക്ഷരം ബ്രഹ്മ ഗീതനും പറഞ്ഞു ആ ഏകാക്ഷര ബ്രഹ്മം ഏകാക്ഷരം അതാണ് പ്രകടമായത് അതിനനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ വിജ്ഞാനങ്ങളും വന്ന് ആ വിജ്ഞാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ സൃഷ്ടി സംഭവിച്ചത് ഈ പ്രപഞ്ചം തന്നെ സംഭവിച്ചിരിക്കുന്നത് അതിനാശ്രയിച്ചിട്ടാണ് അത് ആദ്യം പ്രകടമായി എന്നുള്ളതുകൊണ്ട് പറയുന്നത് അത് ബ്രഹ്മത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഓങ്കാര ഉപാസനയിലൂടെ ഉപാസകന്മാർ സമാധിയും മറ്റും പ്രാപിച്ച് പറയും ഞങ്ങൾ ബ്രഹ്മസുഖത്തെ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കണമെന്ന് പറയും ഉപാസനയിലൂടെ സമാധി പ്രാപിക്കും ലൗകികമായ വിഷയങ്ങളിൽ ലൗകികമായ ബോധമെല്ലാം നഷ്ടപ്പെടും അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ തന്നെ കൂടെ ഇപ്പോൾ പറയുന്നു അവിടെ ആനന്ദത്തെ അനുഭവിച്ചു അതെല്ലാം സംഭവിക്കാം പക്ഷെ എല്ലാ സ്വാഭാവികമായും ആണ് നിരുബാധികമല്ല എവിടുന്ന ആനന്ദം വരുന്നു മനസ്സിൽ ദൃഢമായ ഭാവന വന്നാൽ ആനന്ദം ആനന്ദ ഭാവന വന്നു ആനന്ദം പ്രകടമാകുന്നു ലൗകികമായ അനുഭവത്തിൽ അങ്ങനെയാണല്ലോ സുഖത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സുഖകരമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷം വരും ആനന്ദം വരും മറിച്ച് പറയുക എനിക്ക് കേൾക്കണ്ട അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അത് ദുഃഖത്തെ ഉണ്ടാകുന്നതാണ് ദുഃഖം വരും അപ്പം മനസ്സ് എന്തിനാ ധ്യാനിക്കുന്ന അതിനനുസരിച്ച് ഫലം ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവന് ആനന്ദാനുഭവം ഫലം എന്തുകൊണ്ട് ആനന്ദമായാണ് ്രഹ്മത്തെ കാണുന്നത് അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് വരുന്ന ഉപാസനയുടെ ഫലമായി വരുന്ന ആനന്ദത്തെക്കുറിച്ചാണ് ആനന്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഫലമായ ആനന്ദമാണോ അതേ ഉപാസനയുടെ ഫലമായ ആനന്ദോ എന്ന് വേർതിരിച്ച് പറയത്തില്ല ഇവിടെ നമ്മളത് വേർതിരിച്ച് മനസ്സിലാക്കുന്നത് എന്താണോ ഇത് ഉപാസനയുടെ ഫലമായ ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനെ ആഗ്രഹിക്കുന്നു അതിനെ ധ്യാനിക്കുന്നു അപ്പൊ അത് വന്നേ തീരൂ എന്തുകൊണ്ട് ഓങ്കാരത്തിന് അതിന് കഴിയുന്നു കാരണം അതാണ് അവിടെ പ്രകടമായ പ്രഥമമായ ശബ്ദം ഓം എന്ന് പ്രകടമായി ഓമിത്യാഗാക്ഷരം ശബ്ദം മാമനസ്മൻ ഓം എന്നുള്ള ശബ്ദത്തെ ഉച്ചരിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹത്തെ വിടുക പറയുന്നു ഉപാസവിനെ സാധ്യമാകും അവസാനമാ അത് അവിടെ നിൽക്കണമെങ്കിൽ മനസ്സിൽ നിൽക്കണമെങ്കിൽ അല്ലാത്തവർക്കൊന്നും നില്ക്കത്തില്ല ഉപാസകൻ ഓം എന്ന് ധ്യാനിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോവുക മാത്രമാണ് ഓം എന്ന് ധ്യാനിച്ചുകൊണ്ട് സുഹൃത്തിയിലേക്ക് പോകുന്നു ഓം എന്ന് ധ്യാനിച്ചുകൊണ്ട് ജാഗ്രത്തിലേക്ക് വരുന്നു അത് ദൈനംദിന പ്രളയമാണ് മരണമാണ് അവിടേക്ക് പോകുന്നതും ഓം എന്ന് ധ്യാനിച്ചുകൊണ്ട് തന്നെ ധ്യാനിക്കാതിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന കാര്യമല്ല പറയുന്നു ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും അതല്ല സ്വാഭാവികമായ സഹജമായ നിദ്രയിലേക്ക് പോകുന്നതും ഓം എന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നതും ഓമെന്ന് എന്താ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം കാരണം ഇവിടെ പറഞ്ഞ് നേദിഷ്ടം ബ്രഹ്മത്തിലൂടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഓമാണ് ശബ്ദം ഇവിടെ പറയുന്നു ശ്രുതി തന്നെ പറയുന്നത് ശബ്ദം പ്രകടമായത് പ്രണവ രൂപത്തിലാണ് ഓം എന്നാണ് പ്രകടമായ അതുകൊണ്ടാണ് അക്ഷരമാലയിൽ ആദ്യം ആ വന്നത് ആ എന്നുള്ളത് പ്രണവത്തിന്റെ ആദ്യം മാത്രം വന്നു അതുകൊണ്ടാണെന്ന് അതുകൊണ്ടാണ് അതിന് നിയതിഷ്ടം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് ഏതാണോ ബ്രഹ്മത്തിന് അടുത്തിരിക്കുന്നത് അത് ബ്രഹ്മത്തിനടുത്തെത്തിക്കും കരത്തിലെത്തിക്കത്തില്ല പക്ഷെ അതിനടുത്ത് എത്തിക്കുക എന്തുകൊണ്ട് അത് തന്നെ സ്വയം ഉപാധിയായി മാറും അതിനടുത്തുവരെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടത് അടുത്തെത്തിക്കും അത് പൂർണമായ ഒങ്കാര ഉപാസ്യനെ കുറിച്ചുകൂടെ പറഞ്ഞതാണ് ഇതുവരെ പൂർണമായ ഓങ്കാരോപാസനയുടെ ഫലം എന്ന് പറയുന്നത് ബ്രഹ്മപ്രാപ്തിയാണ് അത് ബ്രഹ്മത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു ഞാന് പറഞ്ഞു അത് നേരിഷ്ടമായതുകൊണ്ട് അതിൽ നിന്ന് ആദ്യം പ്രകടമായത് കണ്ഠം ഭിത്വ ബ്രഹ്മാവിന്റെ കണ്ടത്തെ ഭേദിച്ചുകൊണ്ട് അത് പുറത്തു വന്നു എന്നൊക്കെ പറയും എന്നുവെച്ചാൽ ഹിരണ്യഗർഭനത് പുറത്തു വന്നു എന്നാണ് ആദ്യം ഓമന്തള ശബ്ദം അതെല്ലാം പറയുന്നതാണത് നിർദിഷ്ടമാണ് അതുകൊണ്ട് അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് വേദത്തിലൂടെ പ്രകടമായി എവിടെ പ്രകടമായി അതാണ് വേദത്തിൽ പ്രണവം വന്നത് എന്നാണ് അതുകൊണ്ട് വേദത്തിൽ തന്നെ കാണിച്ചിരിക്കുന്ന ആ പ്രണവ പൂർണ്ണമായി ഉപാസിക്കുന്നവൻ ഈ പറയുന്ന രീതിയിൽ അവൻ ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരും എന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് പറയുന്നത് അങ്ങനല്ലാതിരുന്നു കഴിഞ്ഞാൽ അതറിയാമല്ലോ ഏതുപാസനയും അതിൻ്റെ പൂർണ്ണതയിൽ വന്നാലേ പൂർണ്ണ ഫലം കിട്ടും അപൂർണമായാലും ഏതുപാസനയാലും ശരി അപൂർണമായ ഫലമായിരിക്കും അതിലൂടെ പറയുന്നു അടുത്തത് स സേകമാത്രം ते जगत्याम സംത പൂർണമേ ജഗത്ത ഋചചോ മനുഷ്യലോകമുനയേ സപസ ്രഹ്മചര്യേണ ശ്രദ്ധയ സമ്പന്നോ മഹിമാനം അനുഭവതി ഈ ഒങ്കാരത്തെ ഉപാസിക്കുന്ന പൂർണ്ണമായിട്ടല്ല ഉപാസിച്ചത് അതിന്റെ ഏകമാത്രം വിദ്യ ഇത് ഏകമാത്രത്തെ മാത്രം അക്കാരത്ത് മാത്രം ഉപാസിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദിക കാലത്തിലൊക്കെ പലതരത്തിലുള്ള ഉപാസനകൾ ഉണ്ടായിരുന്നു ഓങ്കാരത്തിന്റെ ആദ്യ മാത്രേയും ഉപാസിച്ചിരുന്നു ആൾക്കാർ തന്നെ അതെങ്ങനെയാ അതെന്തുപാസനയാണെന്ന് ചോദിക്കുന്നു ഇന്ന് തന്നെ ഓരോരുത്തർ ഓരോ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് ഓരോന്ന് ഉപാസിക്കുന്നുണ്ട് ബീജമന്ത്രങ്ങൾ ബീജാക്ഷരങ്ങളൊക്കെ പറഞ്ഞ് ഓരോ മന്ത്രത്തെ ഉപാസിക്കുന്നുണ്ട് അതുപോലെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അകാരത്ത് ഉപാസിച്ചു അക്ഷരാണാം അകാരോസ്മിന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഭാഗികമായി ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകും തേന സംവേദിതൂർണമേവ ജിഗത്യം അവന് ഈ ജന്മത്തിൽ തന്നെ ജന്മം ഈ ഓങ്കാരം എന്ന് പറയുന്നത് സർവാത്മകമാണ് ഓങ്കാരത്തിന്റെ ആദ്യ മാത്രം അകാരം എന്ന് പറയുന്ന പോലെ തന്നെ പറയും ഓങ്കാരത്തിന്റെ ആദ്യമാത്രം ഇറുക്കാണ് ഇറക്കുകളെല്ലാം ഒങ്കാരത്തിന്റെ ആദ്യപാതമാണെന്ന് പറയും അതിനൊരു സമഷ്ടിഭാവമുണ്ട് കാരണം അത് സാക്ഷാത് പരബ്രഹ്മാണ് കൊണ്ട് അവനെ എന്ത് ചെയ്യുന്നു തമൂർജ്ജവും മനുഷ്യലോകവും അവനെ ഇറക്കുകൾ അവനെ മനുഷ്യലോകത്തിലെത്തിക്കുന്നു ഇവിടെ വ്യാഖ്യാനിക്കും ഇറക്കുകൾ എന്ന് പറയുന്ന ശബ്ദമല്ലേ അതങ്ങനെയാ ഉപാസകനെ മനുഷ്യലോകത്തിലെത്തിക്കുന്നു മനുഷ്യലോകത്തിലെത്തിക്കറിയെന്താണ് ഒരു ഉപാസകൻ ഇവിടെ ഉപാസന ചെയ്ത് മരണശേഷം അവനെ നയിക്കുന്നു അത് ഉപകളിൽ പല ഭാഗങ്ങളിൽ വന്നും ബ്രഹ്മസൂത്രത്തിലും മറ്റും പറയും അങ്ങനെ മരണശേഷം ജീവനെ നയിച്ചു കൊണ്ടുപോകുന്ന ദേവതകളാണ് എന്ന് പറയും ചൈതന്യ വിശേഷങ്ങളാണ് അല്ലാതെ സ്വയം തന്നെ അബോധാവസ്ഥയെ പ്രാപിക്കുന്നു മരണസമയത്ത് മൂർച്ഛിതനാകുന്നു മരണമായു അവനെ കീഴ്പെടുത്തുമ്പോൾ പിന്നെ അവന്റെ ജന്മത്തെ വരുന്ന ജന്മത്തെ നിയന്ത്രിക്കുന്ന ശക്തിയെന്ന് പറയുന്ന അവിടെ ദേവതകൾ അവർ അവനെ കൊണ്ടുപോകും ആൾക്കാരെ കണ്ണുകെട്ടിച്ച് നടത്തുന്നത് പോലെ കൊണ്ടുപോയി എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ച് കണ്ണു നിറന്നുകൊടുക്കും ഇതാണ് നിന്റെ സ്ഥാനം എന്ന് പറയും അതുപോലെ ഇവിടെ എന്താണ് ഇർക്കാഭിമാനി ദേവതകൾ അവനെ നയിക്കും കാരണം ആ ഇർക്ക് മന്ത്രങ്ങളെന്ന് പറയുന്നു ഓങ്കാരത്തിന്റെ ആ പാദമാണ് എവിടെ എത്തിക്കുകയും മനുഷ്യലോകത്തിലെത്തിക്കും എന്നർത്ഥം എന്നുവെച്ചാൽ അവിടെ പറയുന്ന ഉപാസന അപൂർണമാണെങ്കിലും നഷ്ടമൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാലോ സത്തത്ര തപസ്സ ഉപാസനയുടെ ഫലം അതാണ് അവൻ തപസിലേക്ക് തിരിയുന്നു ബ്രഹ്മചര്യണ ബ്രഹ്മചര്യം പോലെയുള്ള വൃത്തങ്ങളിലേക്ക് തിരിയുന്നു ശ്രദ്ധയ അവനൽ വേദത്തിനും മറ്റു ആസ്ഥിക്ക് ബുദ്ധിയുണ്ടാകുന്നു ഉപാസനയിലും മറ്റും ശ്രദ്ധയുണ്ടാകുന്നു സമ്പന്ന ഇതെല്ലാം അവനൽ പൂർണമായി അവൻ അതിന്റെ മഹിമയെ അവൻ അനുഭവിക്കുന്നു അവന്റെ തപസ്സിന്റെ ഫലമായി വരുന്ന മഹിമയെന്താ ഈ നന്മകളെല്ലാം അവൻ അനുഭവിച്ചുകൊണ്ട് പിന്നെ ഉപാസനയിലെ പൂർണതയിലേക്ക് പോകുന്നു യഥേഷ്ഠാരോ ഭവതി യോഗഭ്രഷ്ട കഥാചി ന ദുർഗതി ുർഗതിച്ചതി ഗു യോഗം ദുർഗതിയൊന്നും ഉണ്ടാകുന്നില്ല ഇവിടെ യോഗഭ്രഷനെന്ന് വെച്ചാൽ വഴിപഴച്ചു പോയവനെന്നല്ല ആൾക്കാവിടെയും പറഞ്ഞു അങ്ങനെ അത് പൂർണമായില്ല എന്നുള്ളതേ അതുകൊണ്ടവന് പൂർണ്ണ ഫലം കിട്ടുന്നില്ലെന്നേ ഉള്ളു അവൻ എന്താണ് തത്രസമനുഷ്യജന്മനിജാഗ്രഹ സപസ ബ്രഹ്മചര്യ ശ്രദ്ധയാസമ്പന്ന മഹിമാനം വിഭൂതി അനുഭൂതി ആധ്യാത്മിക വിഭൂതികളെയൊക്കെ അവൻ അനുഭവിക്കുന്നു നവീത ശ്രദ്ധ യഥേഷ്ട്രേഷ്ഠോ ഭൗതി ശ്രദ്ധയില്ലാത്തവനാകുന്നില്ല ദുരാചാരിയാകുന്നില്ല യോഗഭ്രഷ്ടനാകുന്നില്ല അപ്പോൾ അതിൻ്റെ അപൂർണമായ ഉപാസന പോലും അവന് ഉപാസകന് നല്ല ഫലത്തെയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ ഉപാസനയുടെ ഫലത്തെ സ്തുതിക്കുകയാണ്